ശ്രീ സമഗ്ര സങ്കർത്തസാരംഭാ ശ്രമ ഭംഗ <Sessimitation> നമ നമഹ തബേ മഹാരാമ നചനാ മോതയ ധ്യായവാസുരാഹ വൈ എത്ര സംയേതിരാ ഉജാപത്യാ ത ഉദ്ഗീം ആ ജഹ്രു അനേന എനുഭവിഷ്യമീതികം പ്രാണം ഉദ്ഗീതം ചിരേ തം ആസുര പാത്മനുവിധു തസ്മാഭയം ജിഘ്രദി സുരഭിചുർഗന്ധി ചാത്മനേഷ അധവാജീഥം उपच्रीरे तस्तया उभय वदे सनृत पात्मना अद चक्षी उपासरे തദ്സുരാത്മനു വിവിധു തസ്മായം പശ്യതി ദർശനീയം അദർശനീയം പാപനേതവിധം അധസസ്രോത്രം ഉദ്ഗീതം ഉപാസക്രേ തധാസുരാ പാമന വിവധു തസ് ഉം ശൃണോതി ശ്രവണയം അശ്രവീയം പാപമനഹേദ്ധം അഥ മന ഉദ്ധം ഉപാസന ചക്രി തധാസുരാ पात्मना സ്വാത്മനവിധു തസ്മാഭയം സങ്കൽപ്പയത് സങ്കൽപ്പിച്ചത്മനേതവിധം അധ്യാ മുഖ്യാണ ീഥം ഉപാസേ തം ആശുരാംസു എസ്മാനം ആഖണം ഋതി വിദധ്വംസേത आघम् विध्वसत एवे स विध्वंसते यंविधि पापं कामयते येनमसति सेश अस्मा घ ൈവേനു സുരപി ചുർഗന്ധി വിജാതി അപഹതപാത്മാേഷ്നത്തിബതിന് ഇതരാൻ പ്രാണൻ അപതി ഏതുമോ അന്തോ അവി ഉക്രാമതി വ്യദാത്തേവിരാദ്ധം ഉപാസ്യചക് എന്തരസം മന്യത്തെ അങ്കാ യസ तेन एतमु एवा ൃഹസ്പതിർ ഉദ്ീഥം ഉപസ്ട്രത്രേവാ ബൃഹസ്പതിന്യത്തെ വാഗീ ബൃഹത്തിഷ പതി തന്ന गीत उपासक्रे एतम ये आयाम मनतेम बको दाढ़ो विदाचकार सह नैमीशीया उदाता बूव സഹസ്മേഭ്യാമാഗായ ആഗാദ വൈ കാതി വിദ്വാൻ അക്ഷരം ഉംഗീതം ഉപാസ്ഥധ്യാത്മം ഇവിടെ ദ്വിതീയ ഖണ്ഡത്തിൽ ഇതിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കാനൊന്നുമില്ല വിശേഷിച്ച് പറയാനായിട്ട് ഇതിനകത്തൊന്നുമില്ല ഈ വായിച്ച അർത്ഥം സർ നമ്മള് ഇത് വ്യാഖ്യാനിക്കുന്നത് വിശേഷിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കില വിശേഷിച്ചൊന്നും പറയാനുണ്ടെങ്കിൽ പിന്നെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ അർത്ഥം മലയാളത്തില് ഇംഗ്ലീഷില് ഹിന്ദിയിലെല്ലാം ലഭ്യമാണ് അത് വായിച്ചു മനസ്സിലാക്കിക്കോളൂ ഞാനതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നില്ല കാരണം വിശേഷിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ മാത്രം പണിയെടുത്താൽ പോരല്ലോ അപ്പോ ഈ ഭാഗങ്ങളിൽ കേൾക്കുന്നവർക്കൂടെ ഒരു ജോലി എത്തിക്കുകയാണ് ഈ ഭാഗം വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം അത് വിശദീകരിക്കാം അല്ല വിശദീകരണം ആവശ്യമില്ലാത്തടത്ത് വെറുതെ വിശദീകരിച്ച സമയം ഞാൻ കളയുന്നില്ല ഇതിന്റെ ഇടയ്ക്ക് വിശദീകരണം ആവശ്യമുള്ള ഭാഗമുണ്ട് ആ ഭാഗങ്ങൾ വിശദീകരിക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ പിന്നെ വായിച്ചത് ഒന്ന് വായിക്കാൻ അറിഞ്ഞിരിക്കട്ടെ എന്ന് കാര്യം ഇത് വായിച്ചതൊന്നേ ഇത് രണ്ടു മൂന്ന് അധ്യായങ്ങളിങ്ങനെയാ അല്ല ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളിൽ വിശദീകരണം വേണ്ടിവരും അവിടെ വിശദീകരിക്കും ബാക്കി വായിച്ചിട്ട് വായിക്കുന്നവർക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വിശദീകരിക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ പോകട്ടെ അഥ അതിദൈവതം സ്വാസു തപതി തം ഉദ്ഗീതം ഉപസീദോ ഉദ്യൻവാ പ്രഭ്യതി ഉദ്യ ഭയം അപ്പഹന്ത അപഹന് വൈഹ വൈ तमसो ഭയ തമസോദ സമാനവ എയം ചാസൗ ചോഷ അയമുഷ്ണോ അസൗ സ്വര ഇമം ആഗക്ഷത്തെ സ്വരായി പ്രയാസുര അം തസ് ഏദം ഇമം അമം ച ഉദ്ഗീധം ഉപസീത അധ ഖലു ഞാനീതം ഉപസീത യണിതി സാണോ യനിതി സ്വപന സവ്യോ യോ വ്യാക് തസ് അണൻ അനപാന തസ് അപ്രാണൻ അനപന ഋചം അഭിവ്യഹരതിയക് സാമ തസ്മാണൻ അനപഗായതി സാമ സ ഉദ്ഗീത തസ് അപ്രാണൻ അനപനുഗായ അതോ ഞാൻ വീര്യവന്തികർമാണി യഥ അഗ്ന മന്ഥനം ആജെ ശരണം ദൃഢസാ अप्राणन अनपानन कौत हेतु उद्गी उपासी अथ खलु उगी अक्षरा उपासी उदीधईद प्राण एक उत्पाणन തിഷത്തി വാഗീർ വാചോഹിര ഇയാഗക്ഷതി അന്നേഹീതം സ്ഥിരം ദൗരേവ ഉത് അന്തരിക്ഷം ഗീ പൃഥിദ്ധം ആദിത്യ ഉത് വായുർഗീ अग्निस्थ यजुदे याेदस्थम दुग्धे अस्मै वाग्दोहम यो वाचो दोह अन्नवान्नादोति ये विद्वाक्षरा സ്ഥീതി അധത്തലു ആശീസ സമൃദ്ധി ഉപസരണിതം സ്ഥോഷ്യൻ സാമുപേത് യമൃചാരുചം യശേയം തം ഋഷിം യാം ദേവോഷ്യൻ സാദ് താ ദേത് യസോഷ്യൻ സാദ് തച്ഛന്ദ ഉപേത് യന് സ്ഥോമേന ോഷ്യമാണ സാഹോമം ഉപേത് യാ ദിശം അഭിഷ്ടി ഉപേത് ആത്മാനം അന്ധദ ഉപസൃത്യ സ്തുവീത കാമം ധ്യയൻ അപ്രമത്തോ അഭ്യസോ യേതീതീതി ഓമിത്േതക്ഷരം उपासीता उदीत उपासी ओमदी हिद्गायतीुपव्याख्यानम देवा वै मृत्योदी विद्यास ते छो आच्छादय ഛാദയ തഛന്ദസം ഛന്ദസ്വം താൻ തത്ര മൃത്ുർയഥ മസ്യം ഉദഗേ പരിപശം പര്യപശ്യജി സാമ്യനി യജുഷി തേ നോ വിവാ ഊർധ്വാ ഊർജം യജുഷവ പ്രാവിശൻ എപ്പൊതി ഓം അതിസരതിയം സേം യജു ഏഷ രു യതക്ഷരം ഏതൃതമഭയം തവിശ്യ ദേവ അമൃത അഭവൻ സേദവ വിദ്വാൻ അക്ഷരം പ്രണോതി എതദേവക്ഷരം സ്വരം അമൃതം अभय प्रवशति तश्य यदमृता दे तदमृद अथ ीद सणवो यणव स उदी व आदि उदीता ണവ ഓമീതിയ സ്വരണ്േതിഹം അഭ്യഗാതിഷം തസ്മ ഏകോവസീതിക്കോശീതകി പുത്രം ഉവാച രശ്മി ത് पर्यावर्तया बहोवैते भविष्यधिदेवत अथ अध्यात्म युख्य प्राण तगीत ओमदी हेश स्वेदी एतम अहम अभ्यम तस्मा मम ऐकोसीदी फ कौशीतकवाच प्राणस्त भूमान अभिगाता बहो वै मे ഭക്ഷ്യീതി അഥ ഗീതോ യണവ സ ഉദ്ഗീത ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത് ഹോത്രഷദനം ഇതുവരെ പറയുന്ന ഭാഗങ്ങൾ ബ്രഹ്മചാരിക്ക് ആവശ്യം ഉള്ളതല്ല ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് ഒരു പുത്രൻ ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ഉപാസിക്കണം ഒരുപാട് പുത്രന്മാരും ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ഉപാസിക്കണം സൂര്യന്റെ ഉപാസനം ആ വിഷയത്തെ ഇവിടെ പറയുന്നത് അതിലും വിശദീകരിക്കാനൊന്നുമില്ല ഭൂത്രാ ുരുഗീതമാഹരതിസമാഹരത്തേം രുചി അധ്യൂടം സാമ തസ്മാ വൃചുടം സമ ഗ ഗിയയമേവ സമ തസ്സാ അന്തരിക്ഷമേവ ഋക്വായുസ് തേശം വൃത്തിധ്യൂഢം സമാ ഋചം സമ ഗീയതീ അന്തരിക്ഷമേവ സയുരമ തസ്സാ ദൂരേവർക് ആദിത്യസാ തൃചി അധ്യൂടം സമാചിധ്യൂടം സ ദോരേവ സ ആമ നക്ഷത്രേർ ചന്ദ്രമാ സേതദ് അധ്യൂടം സമാധ്യൂടം സമഗീയേ अमा, നക്ഷത്ര ചന്ദ്രമാ അഥി ശുക്ലംഭാ സൃക് അഥലം പര കൃഷ്ണം തസ്സ തേശം അടംം സമ തസ്മാർ അധ്യൂടം സമ ഗസുക്ലംഭ അഥ യീലം പര കൃഷ്ണം തദ് അധ യേശോ അന്തരാദിത്യേ ഹിരണ്മയപുരുഷോ ദൃശ്യത്തെ ഹിരണ്യശ്മശ്രു ഹിരണ്യകേശ ആപ്രണഘാ സുവർണ ഇവിടെ സാമോപാസനെ കുറിച്ച് പറയുകയാണ് ഈ മന്ത്രം അഥ യേശോ അന്തരാദിത്യേ ഇത് ബ്രഹ്മസൂത്രത്തിൽ ഇതിന്റെ ചർച്ച വരുന്നുണ്ട് ഭാഷ്യകാരൻ പല ഭാഗത്തും ഇതിന് ഉദ്ധരിക്കുന്നുണ്ട് ആദിത്യനുള്ള പുരുഷന്റെ ഉപാസനയെ കുറിച്ചൂടെ പറയുകയാണ് യേശു അന്തരാദിത്യം എന്ന് തുടങ്ങിയ ഭാവം ഇതിനുമുമ്പ് നമ്മൾ വായിച്ച ഭാഗങ്ങളിലെല്ലാം മുഖ്യമായിട്ടും ഗീത ഉപാസനയാണ് ആദ്യം നമ്മൾ തുടങ്ങി അതെന്താണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തോ മനസ്സിലായി എന്താണ് ഗീത ഉപാസന എന്ന് പറയുന്നു അതിനു വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ പക്ഷാന്തരങ്ങൾ പലതരത്തിലുള്ള ഉപാസനകളാണ് പറഞ്ഞത് അതിൽ അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ വിശദീകരിക്കാനായിട്ട് വിശദീകരിച്ച് പറയാനതിനകത്തൊന്നുമില്ല വ്യാഖ്യാനത്തിൽ നിന്നും മനസ്സിലാക്കുന്ന കൂടുതലായിട്ട് വിശദീകരിക്കാനില്ല ഇതിൻ്റെയൊക്കെ മലയാളത്തിൽ മൃഢാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനമുണ്ട് രാമകൃഷ്ണ വിഷയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിൽ വായിക്കേണ്ടവർ അത് വായിച്ചു നോക്കിയാൽ മതി അതിനകത്ത് വളരെ വ്യക്തമായി ലളിതമായ ഭാഷയിൽ ഇതുവരെയുള്ള ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതി കൂടുതൽ വിശദീകരിക്കാൻ ഉള്ള ശേഷി എനിക്കുമില്ല അതുകൊണ്ടാണ് വിശദീകരിക്കാറ് പിന്നെ ഇംഗ്ലീഷിലും ഉണ്ട് രാമകൃഷ്ണ മിഷന്റെ ഹിന്ദിയിലാണെങ്കിൽ ഗീതാപ്രസിന്റെ ഉണ്ട് അതൊക്കെ വായിച്ചാൽ മതി വായിച്ചു നോക്കുക വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ നോക്കുക അധ യേഷന്തരാദിത്യേ ഭാഷ്യം ആദിത്യ അന്തർമധ്യേ ആദിത്യന്റെ മധ്യത്തിൽ ഹിരൺമയു ഭാഷ്യത്തിൽ ഹിരൺമയ സ്വർണമയമായി സ്വർണമയം എന്ന് വെച്ചാൽ ആദിത്യ ഉള്ളിൽ സ്വർണ്ണമായിരിക്കും അതില്ല അതുകൊണ്ട് ഭാഷകാലം പറഞ്ഞു ഹിരൺമയ ഇവ ഹിരൺമയ സ്വർണമയം പോലെ ഒരു രൂപം ആദിത്യുള്ളിൽ കാണുന്നു നഹി സുവർണ വികാരത്വം ദേവസ്വ സംഭവത്തി മന്ത്രത്തിലെന്താണ് യേശു അന്തിരാദിത്യ ഹിരൺമയ എന്നുള്ളതാണ് ഭക്ഷ്യകാരങ്ങളു ഹിരണ് ഇവ സ്വർണമയമായതുപോലെ ഒരു രൂപം ആദിത്യനിൽ കാണുന്നുണ്ട് എന്തുകൊണ്ട് ഇവ എന്ന് പറഞ്ഞു സ്വർണവികാരത്വം ദേവസ്വന സംഭവതി ദേവനെടുക്കലും സ്വർണവികാരമാകത്തില്ല ആദിത്യനിൽ ഒരു ദേവനുണ്ടെന്നാണ് ആദിത്യനുള്ളൊരു ദേവനുണ്ടെങ്കിൽ എന്താ നമ്മൾ കാണാത്തത് അതടുത്ത് പറയും എന്താ കാണാത്തതെന്ന് േഷ്ണുത്വ അപഹതപാത്മത്വമഗേഷ്ണുത്വ അപഹത പാത്മത്വ അസംഭവാത് ഇത് സ്വർണമയമായ ഒന്നല്ല സ്തുതി അപഹത പാത്മത്വം ഇതെല്ലാം ഏർക്കും സാമങ്ങളുമെല്ലാം ഈ ദേവനെ സ്തുതിക്കുന്നു പാപരഹിതനാണ് ദേവൻ എന്നെല്ലാം പറയുമ്പോൾ അത് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒന്നല്ല നമ്മളീ കാണുന്ന ആദിത്യ മണ്ഡലത്തിൽ ഒരു ദേവനുണ്ട് എന്നാണ് നഹി സൗവറിനെ അസീത്തിനെ പാത്മാതിപ്രാപ്തിരസ്ഥി ഏന പ്രതിഷിദ്ധിയത് ഇത് കാരണം അങ്ങനെ പറയാൻ കാരണം ആദിത്യൻ സ്വർണത്തിന്റെ നിറമാണ് ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും സ്വർണത്തിന്റെ നിറമുള്ളത് കൊണ്ട് ആദിത്യനെ നോക്കുമ്പോൾ സ്വർണമയമായ എന്തോ ഒരു രൂപം അവിടെ ഉണ്ടെന്ന് ധരിച്ചാലോ അതാണ് ശ്രുതി പറയുന്നതെന്ന് ധരിച്ചാലോ അതല്ല പറയുന്നു ആദിത്യ വർണ്ണം സ്വർണ്ണവർണമാണ് പക്ഷെ ആദിത്യ മണ്ഡലം അതൊരു ദേവന്റെ ഇരിപ്പിടമാണോ അതുകൊണ്ടാണ് ആൾക്കാർ ആദ്യത്തിനെ സ്തുതിക്കുന്നതും ഭജിക്കുന്നതുമല്ലോ ഈ സൗറിനെ അച്ഛയെ തന്നെ കേവലം ഒരു സ്വർണം അതായത് ഭൗതികമായ പിഡം സൂര്യ പിണ്ടത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാത്മാതിപ്രാപ്തിരസ്തി അവിടെ എങ്ങനെ പാപം വരും സൂര്യൻ പാപം വരാൻ വഴിയില്ലല്ലോ ഏന പ്രതിഷിദ്ധിയത ഇവിടെ അപഹത പാത്മാ എന്ന് പറഞ്ഞ പാപത്തെ നിഷേധിച്ചല്ലോ അതുകൊണ്ട് ഇവിടെ ഉറപ്പിച്ചു പറയാണ് സൂര്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഭൗതികമായ സ്വർണവർണമുള്ള ഒരു വസ്തുവല്ല അവിടെ ഉപാസ്യനായ ഒരു ദേവതയുണ്ട് ചാക്ഷുശേഷ അഗ്രഹണ അതും പറയുന്നുണ്ട് എന്താണ് ഇനി പറയും അതേ പുരുഷൻ തന്നെയാണ് ഈ ചക്ഷുഷന് സ്വർണ്ണവർണനായ അത് രണ്ടും ഏകമാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു ഈ മന്ത്രം മുമ്പ് വന്നിട്ടുള്ളതാണ് ചർച്ച ചെയ്തിട്ടുള്ളതാ അവിടെ ഏകത്വത്തെ പറയുന്നു സ്വർണ വർണ്ണത്തിൽ കാണുന്ന സൂര്യമണ്ഡലത്തെ നോക്കുമ്പോൾ ആർക്കെങ്കിലും വല്ല രൂപവും മറ്റും കണ്ടിട്ട് അതാണെങ്കിൽ അതെങ്ങനെ ചക്ഷിണേന്ദ്രിയ വരും ഇത് രണ്ടും എങ്ങനെ ഏകമാകും അതല്ല അതോ ലുപ്തോപ്പം ഇവ ഏവ ഹിരന്മയ ശബ്ദം ഇത് ലുപ്തോപമയാണ് ഉപമയെ സൂചിപ്പിക്കാൻ വേണ്ട ഇവ ശബ്ദം ലോപിച്ചതായി സങ്കല്പിക്കുന്നതാണ് ലുപ്തോപമ ഹിരൺമയ ഇവ എന്നർത്ഥം ആ ഇവ ലോപിച്ചുപോയി ഉപമാർഹത്തെ കാണിക്കുന്നു അതുകൊണ്ട് ഹിരൺമയെന്നു അവിടെ ഇവ ശബ്ദം പ്രയോഗിച്ചില്ലെങ്കിലും അതിന്റെ അർത്ഥത്തെ എടുക്കണം അതാണ് ലുപ്തോപമ എന്ന് പറയുന്നത് ഉപമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദം ലോപിച്ചാലും അർത്ഥത്തെ എടുക്കുന്നതിനാണ് ലുപ്തോപമ എന്ന് പറയുന്നത് അതോ ലുപ്തോപമയവ ഹിരണ്മയ ശബ്ദവും എന്താണ് അവിടെ സ്വർണ്ണമൊന്നും തേജോ രൂപിയായ ജ്യോതിർമയമായ ഒരു രൂപം ആദ്യത്തിന് സ്ഥിതി ചെയ്യുന്നു ഉത്തരീഷുവി സമാന യോജന ഇനി വരുന്ന ഭാഗങ്ങളിൽ ഉപാസിനെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ ഉദ്ദേശിക്കുന്നത് സ്വർണവുമായിട്ട് ബന്ധമൊന്നുമില്ല തേജോമയമായ ഒരു രൂപം പുരുഷ പുരുഷ സേന പുരത്തിൽ സഹിക്കുന്നതുകൊണ്ട് അതൊരു പുരമായിട്ടെടുക്കുക ആ തെജോ മണ്ഡലം അവിടെ ശയിക്കുന്നു എന്ന് വെച്ചാധാരണതിന്റെ ഉപാധി പൂരേദിവാ സേന ആത്മനാ ജഗത് സ്വസ്വരൂപത്താൽ ലോകത്തെ എല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ സർവാന്തര്യാമി അതായത് ഇവിടെ ആദിത്യ മണ്ഡലത്തിലുള്ള ഒരു പുരുഷനെന്ന് പറയുമ്പോൾ ഒരു ദേവതാരൂപം ഉപാസ്യമായ ഒരു ദേവതാരൂപം ആദിത്യനിൽ മാത്രം ഇരിക്കുന്നു മറ്റൊരിടത്തും ഇല്ല അങ്ങനെയല്ല ഒരു ദേവതാരൂപത്തിൽ ആദിത്യനിൽ ഉപാസിക്കുന്നത് സർവ്വവ്യാപിയായ ഈശ്വരനെ അത് പ്രതിമയിൽ സ്ഥലഗ്രാമത്തിൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നത് ആദിത്യൻ എന്ന് പറയുന്ന ഒരു ഉപാധീൻ അതിനുപാസിക്കുന്നു ദൃശ്യത നിവൃത്തര്യാദി സാധനാഭിക്ഷി അപ്പാ ധർമ്മവ്യാപിയായിരിക്കുന്ന ആദിത്യ പുരുഷനെ ഇവരുടെ സങ്കൽപ്പിക്കാൻ പറയുകയല്ല ദൃശ്യത അത് കാണുന്നു ആരാ കാണുന്നത് നിവൃത്ത ചു ഭീ ആദിത്യനും നോക്കിക്കൊണ്ടിരുന്ന കാണത്തില്ല കണ്ണുകേടായി നിവൃത്ത ചക്ഷു ചക്ഷു പുഴവലിഞ്ഞവൻ എന്നുള്ളത് അവനാണ് ഈ ആദിത്യനെ പുരുഷനെ കാണുന്നത് അല്ലാതെ ആദിത്യനെ നോക്കിക്കൊണ്ടുപിടിക്കാനൊന്നും നോക്കത്തില്ല എന്നാൽ ആ പുരുഷനെ ഒന്ന് കാണട്ടെ പിന്നെ വിചാരിച്ച ആദിത്യനെ നോക്കിയാൽ കാണത്തുള്ളൂ അത് കണ്ണടച്ചാലേ കാണത്തുള്ളു ആവൃത്ത ചക്ഷു അതാണ് നിവൃത്തചക്ഷുഭി സമാഹിതീതോ മനസ്സ് സമാഹിതമായ ഏകാഗ്രമായവൻ മനസ്സിലായാലും ഇത് ആദിത്യനെ നോക്കി കണ്ടുപിടിക്കുന്ന ഒരു ദേവനെ കുറിച്ചല്ല പറയുന്നു അങ്ങനെ സർവവ്യാപിയായ ഒരു ദേവനെ ആദിത്യം കാണാൻ കഴിയത്തില്ല പിന്നെ ബ്രഹ്മചര്യാദി സാധന അപേക്ഷി ബ്രഹ്മചര്യ ആദി സാധനങ്ങളെ അത് അപേക്ഷിക്കുന്നു ബ്രഹ്മചര്യം തപസ്വാധ്യായം തുടങ്ങിയ സാധനകളോടുകൂടി ഒരുവൻ ഉപാസിച്ചാൽ അവനീ ദേവതയെ സാക്ഷാത്കരിക്കാം എന്നാണ് ഭാഷ്യകാലം പറയുന്നത് തേജസ്സിനോ കൃഷ്ണഹസി പറയുന്നു ഒരു വ്യക്തിയെ കുറിച്ച് വളരെ തേജസ്വിയാണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ അയാളുടെ താടിയും തലമുടിയും എല്ലാം കറുത്തല്ലേ ഇരിക്കത്തുള്ളൂ ആള് തേജസ് എന്ന് വിചാരിച്ച് അതങ്ങനെ സ്വർണവർണ്ണത്തിൽ വരാൻ വഴിയില്ലല്ലോ ആരോഗ്യമുള്ള ഒരാളാണ് ചെറുപ്പമാണെങ്കിൽ എല്ലാം കറുത്തിരിക്കും വയസ്സിൻ്റെ കാര്യമല്ല പറയുന്നത് തേജസ്സിനോ വി ശ്മശ്രു കേശാദേയ കൃഷ്ണാസിഹു ഇത്തേതോ വിശിനഷ്ടി ഹിരണ്യ ശ്മശ്രു ഹിരണ്യ കേശ പറയുന്നു അവിടെ എല്ലാം സ്വർണ്ഡ ആ ദേവത രൂപം അതൊരു അലൗകികമായ രൂപമാണെന്നർത്ഥം മനുഷ്യന്റെ രൂപ ഹിരണ്യ അത് തേജോമയമാണോ ഒരു രൂപമെന്ന് പറയുമ്പം താടിയും തലമുടിയും കണ്ണും മൂക്കും ചെവിയും എല്ലാം അതെല്ലാം ഉണ്ട് പക്ഷെ അത് മനുഷ്യന്റെ ഇതുപോലെയല്ല എല്ലാം തേജോമയമായ രൂപം ഇവിടെ പറഞ്ഞല്ലോ ദൃശ്യത വൃത്ത ചക്ഷഭി സമാഹിത ചീതോബി ബ്രഹ്മചര്യാദി സാധനീ അങ്ങനെയുള്ള സാധനാ സമ്പന്നനായ ഉപാസകന് തേജോമയമായ ആ ദേവതാരൂപം കാണാൻ കഴിയുന്നു അത് സർവവും തേജോമയം അതാണ് ഹിരണ്ണി അതെല്ലാം തേജോമയമാണ് നേരത്തെ പറയുന്നത് ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണ്ണമല്ല തേജോമയമെന്നാണ് എൻ്റെ അടുത്ത് അത് തന്നെ പറയുന്നു ജ്യോതിർമയൂണി കേ അങ്ങനെ തേജോമയമായ ഒരു രൂപത്തെ ഉപാസകൻ സാക്ഷാത്കരിക്കുന്നു ഈ ആദിത്യ ഈ രൂപത്തെയാണ് സാധാരണ ഹിരണ്യ ഗർഭൻ എന്ന് പറയുന്നത് പറയുന്നു ആ രൂപം തന്നെയാണ് തന്റെ ചക്ഷുഷന് സ്ഥിതി ചെയ്യുന്നത് അത് തന്നെയാണ് സർവത്ര സ്ഥിതി ചെയ്യുന്നത് എന്ന് ആ ഉപാസ്യദേവതയുടെ സർവാത്മഭാവത്തെയും ഇവിടെ പറയും ഇതിന്റെ ബൃഹദാരണത്തിൽ പറയും സർവത്ര ഇത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് മുമ്പ് ഇത് ചർച്ചയ്ക്ക് വന്നത് ആ പ്രണഘാത്ത് പ്രണഘോ നഖാഗ്ര നഖാഗ്രേണ സഹ സർവസുവർണ്ണയ ഭാരൂപ നഖം വരെ ഒരാളുടെ ശരീരത്തെ കുറിച്ച് പറയും പറയുമല്ലോ ആ പാദ ചൂടം എന്ന് പറയും തലമുടി മുതൽ നഖംവരെ ശിഖ മുതൽ നഖംവരെ എന്ന് പറയും ആ പാദം പാദം തുടങ്ങി ചൂട തലമുടി ശിഖ അതുവരെ അതാണ് ആ പാദചൂടോ എന്ന് പറയുന്നത് എന്താണ് അത് തേജസ്സാണ് ആ പ്രണഖാ പ്രണവു നഖാഗ്ര നഖാഗ്രേണു സഹ സവ സുവർണയാരൂപ ഇത് വളരെ ആലങ്കാരികമായ ഭാഷയിൽ പറയുന്നു ഒരു തേജോ രൂപത്തെ ആ തേജോരൂപത്തിന് ഉപാസിക്കുന്നു സൂര്യമണ്ഡലസ്ഥനായ ആ പുരുഷനെ ഒരു പുരുഷന് തേജോ രൂപത്തിൽ ഉപാസിക്കുമ്പോൾ അയാൾക്ക് തേജോ രൂപത്തിൽ അനുഭവപ്പെടുന്നു അതെവിടെ സമാഹിതനും ആവർത്ത ചക്ഷവുമായി ഒരുവന്റെ ഉള്ളിൽ ഞാൻ പറയും സൂര്യനെ നോക്കി കണ്ടുപിടിക്കുന്നാൽ അത് ഉപാസനയുടെ ഫലം പറയുകയാണ് എന്നാൽ അത് വാസ്തവത്തിൽ എന്താണോ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയും ഇത് ഇങ്ങനെ ചില ഉപാധികളെ പറയുന്നുണ്ടെങ്കിലും ഉപാധികളോടുകൂടി ഉപാസിക്കുന്നവർ ആ ഉപാധികളോടുകൂടി തന്നെ അനുഭവപ്പെടുന്നു അത് ഉപാസകന്റെ കൽപ്പന അനുസരിച്ച് ഒരേ പരമാത്മാവ് തന്നെ ശിവനായും വിഷ്ണുവായും ദേവിയായും ദേവനായും എന്നെ അനുഭവപ്പെടുന്നു അത് ഉപാസകന്റെ ഭാവനയ്ക്കനുസരിച്ച് ഒരേ പരമാത്മ ചൈതന്യം തന്നെ നാനാ രൂപങ്ങളെ സ്വീകരിക്കുന്നു അതുപോലെ ഇവിടെ വൈദികമായ ഉപാസനയിൽ ഈ രീതിയിലാണ് ഉപാസിക്കുന്നത് തേജോ രൂപനായ പുരുഷൻ അനുഭവപ്പെടുന്നു ഉപാസന അനുഭവപ്പെടുന്നു തസ്യ यहाप्यांड अक्षिणी तदितिमा स एष्य पत्नभ्य उदेदी भवि सर्वे पत्नभ्यो एवं वेदा ണമാണ് ജ്യോതിസ്വരൂപനാണെങ്കിലും കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട് അക്ഷണോർവിശേഷ എന്താണ് വിശേഷം അഥ തസ് കപ്പർ മർക്ക ഉപേശനാർത്ഥേ ഖൻ കിപൃാന്തോ യന ഉപവിശതി കപ്പ കണ്ണിന്റെ പ്രത്യേകത എന്താണ് തസ് യഥാ കപ്പം ഇത് വിവാദമുള്ള ഭാഗമാണ് അല്പം വിവാഹത്തിന്റെ കാര്യമൊന്നുമില്ല ഭാഷകാരൻ നേരെ ചുമ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു വ്യാഖ്യാനിച്ചു എങ്ങനെ എഴുതിയിരിക്കുന്നു അതുപോലെ പറഞ്ഞു പക്ഷെ മറ്റുള്ളവർക്കത് സ്വീകാര്യമാണ് കഥും കപി എന്ന് പറഞ്ഞാൽ കപ്പ്യാസത്തെ വ്യാഖ്യാനിക്കാണ് കപി എന്ന് വെച്ചാൽ മർക്കടസ് കൊരങ്ങൻ ആസ എന്ന് വെച്ചാൽ കപ്പ്യാസ ആസന ആസേരുപവേശനാർത്ഥേഖ് ആസ കപ്യാസം കൊരങ്ങന്റെ പിൻഭാഗം കപിപൃഷ്ടാന്തോ ഏനോപ വിശദീ വ്യക്തമായി പറയുന്നു കൊരങ്ങന് ഇരിക്കുന്ന സ്ഥലം എന്താണ് രക്തവർണമാണ് കൊരങ്ങന്റെ പിൻഭാഗം വളരെ രക്തവർണ്ണമാണ് കരിങ്കുരങ്ങനല്ല മറ്റേ കുരങ്ങൻ അപ്പോ ഇത് പ്രതീക്ഷിച്ച് അന്നത്തെ കാലം വനവും കാടും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു കുരങ്ങന്മാര് ധാരാളം ഉണ്ടായിരുന്നു കുരങ്ങന്റെ പിൻഭാഗം ചുവന്നായിരിക്കുന്നത് അതുകൊണ്ട് ഉള്ളതുള്ളതുപോലെ പറഞ്ഞു കപിപൃഷ്ടാന്തോയനു വിശദീ കപ്യാശീവ കുണ്ടരീകം അത്യന്ത തേജസ്വി അതുപോലെ രക്തവർണത്തിലുള്ളത് അപ്പോ ഇതുവരാരും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും ഇനി ശ്രദ്ധിക്കും അത്യന്ത തേജസ്സിന്താമര പോലെ തേജസ്സാണെന്ന് പറഞ്ഞു ഇത് രാമാനുജാചാര്യർക്ക് ഒട്ടും പിടിച്ചില്ല ഇവിടെ ശ്രുതിയിൽ കപ്പ്യാസം പുണ്ഡരീകം എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ താമര എന്നർത്ഥം പറഞ്ഞാൽ മതി പക്ഷെ കപ്പ്യാസം പുണ്ടരീകം എന്ന് എന്തിനു പറഞ്ഞു കപിയുടെ ആസനമെന്ന് പറഞ്ഞു അത് തെറ്റായിപ്പോയി അതുകൊണ്ട് രാമാനുജാചാര്യും മറ്റും ശങ്കരാചാര്യരോട് വലിയ ദേഷ്യത്തിലാണ് ഭഗവാന്റെ കണ്ണുകൾ ഉപമിക്കാൻ കണ്ട സാധനം കൊരങ്ങണ്ട് ചന്ത ഇതാർക്കാ ഏതൊരു ഭക്തനായത് ഇഷ്ടപ്പെടുന്ന വേറെ ഒന്നും കിട്ടിയില്ലല്ലോ അതുകൊണ്ടാണ് അവിടെ വിവാദമുണ്ടായത് പക്ഷേ ഭാഷകാരൻ അതിനൊരു വെളുക്കമല്ല ഭാഷകാരൻ അത് തന്നെ വിശദീകരിക്കുന്നു അതുകൊണ്ട് അവർ പറയുന്നത് എന്താണോ കുണ്ടരീകത്തിന്റെ വിശേഷമാണ് കപ്പ്യാസ് വദന്ത സാധനം പറഞ്ഞു അങ്ങനെ ഒരു താമരമുണ്ട് കപ്പ്യാസം എന്ന് പറയുന്ന ഒരു താമരം അത് ആരും കാണുന്നില്ലല്ലോ അത് ഇപ്പോയില്ല അതൊക്കെ പോയി പരിണാമത്തിൽ പരണാമ സിദ്ധാന്തം അനുസരിച്ച് പലതും പോയല്ലോ ദിനോത്സവുകളൊക്കെ പോയതുപോലെ ഈ കപ്പ്യാസവും പോയി ഇപ്പതില്ലെന്നേ ഉള്ളൂ പക്ഷെ പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് കപ്പ്യാസം എന്ന് പറയുന്നൊരു താമരം പക്ഷെ എന്നാലും കപി ആസം ഇങ്ങനെയൊക്കെ വരുന്നു ഇത് ഇതിന്റെ അർത്ഥം എന്തു വരും വ്യാകരണം ഉണ്ടെങ്കിൽ എങ്കിലും വ്യാഖ്യാനിക്കാം അതുകൊണ്ടാണ് താമരയും തന്നെ വ്യാഖ്യാനിക്കുന്നു അങ്ങനെ കംപാതീ തി കി എന്നു വെച്ചാൽ സൂര്യൻ ആസം സൂര്യൻ വിരിയിക്കുന്നത് എന്താണ് താമര കപ്പ്യാസം എന്ന് വെച്ചാൽ താമര കുണ്ടരീകം ചെന്താമര അങ്ങനെ രാമാനുചാചാര്യർ വ്യാഖ്യാനിച്ചു ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് പക്ഷെ ഇവിടെ ഒരു പ്രത്യക്ഷമായ ലോക അന്നത്തെ ലോകപ്രസിദ്ധമായ ഒരു കാര്യത്തെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഭാഷകാരനും അറിയാം ഇങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇത് കുഴപ്പമാകും അതുകൊണ്ട് അത് അടുത്ത് പറയുന്നു ഒപ്പം ഇത്തവ്മാനത്തോ അന്ന ഉപമയ്ക്ക് ചില മര്യാദയൊക്കെയുണ്ട് ചന്ദ്രനെ പോലെയാണ് മുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ സ്ഥാനത്ത് പൊരങ്ങനെ പോലെയാണ് മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വർണ്ണിക്കാൻ വേണ്ടി പറയുകയാണ് ചക്രവർത്തി സ്തുതിക്കുന്നാണ് ചന്ദ്രനെ പോലെ നിൻ മുഖം ചന്ദ്രനെ പോലെയാണ് നിന്റെ മുഖവും അതിന് പകരം ചക്രവർത്തി സ്തുതിക്കാൻ വേണ്ടി പറയുകയാണ് കുരങ്ങനെ പോലെയാണ് എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അതിന് ഹീന ഉപമെന്ന് പറയും അങ്ങനെ സാറിന് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊരു ഉപമാ അങ്ങനെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല ശരിയല്ല അങ്ങനെ വരുമ്പോൾ ഇവിടെ കപ്പ്യാസു എന്നുള്ള ഒരു ഉപമ പറഞ്ഞത് ഭഗവാന്റെ കണ്ണുകൾക്ക് ഇത് ഹീന ഉപമയാണല്ലോ പറയുന്നു അത് ദോഷമില്ല കാരണം ഇവിടെ നേരിട്ട് ഉപമിച്ചിരിക്കുകയല്ല കപ്പ്യാസം എന്ന് ഭഗവാന്റെ കണ്ണുകൾ ഉപമിച്ചാലും പിന്നെ ഇത് എന്താണ് ഉപമിത ഉപമാനമാണ് ആ കപ്പ്യാസത്തെ എന്തിനോട് ഉപമിച്ചു താമരയോട് ചെന്താമരയോട് എന്നിട്ട് ആ ചിന്താമര എന്ത് ചെയ്തു കണ്ണുകളോട് ഉപമിച്ചു ഇവിടെ ദോഷം വരുന്നില്ല ഭഗവാന്റെ കണ്ണുകൾ എങ്ങനെ ചിന്താമര പോകും എന്താ വരെ ഇങ്ങനെ കപ്പ്യാസം പോലെ അപ്പോൾ ഭഗവാന് നിന്റെ കണ്ണുകളെ നേരിട്ട് ഉപയോഗിച്ചില്ല അതാണ് ഉപമിത ഉപമാനം ഇടയ്ക്ക് ഒരു ഉപമാനം കൂടെ രണ്ട് വന്നു അതുകൊണ്ട് ഹീനോപമെന്ന് പറയുന്ന ദോഷം കൂടെ വരുന്നില്ല ഹീനോപമ എവിടെയാ വരുന്നത് നേരിട്ട് ഉപമിക്കും കുരങ്ങനെ പോലെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീനോപമ ഒരാളെ സ്തുതിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീനമാണ് അത് ശരിയായ നടപടിയല്ല അതുകൊണ്ട് ഭാഷകാരം തന്നെ വ്യാഖ്യാനത്തിന് ഭാവിയിൽ ചോദ്യങ്ങളുണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് തന്നെ പറയുന്നു ഇത് ഉപമിത ഉപമാനമാണ് അതുകൊണ്ട് അലങ്കാരശാസ്ത്രം അനുസരിച്ച് ഇതിന് ആക്ഷേപം പറയാൻ എന്നത് ശരിയല്ല അതുകൊണ്ട് ഉള്ളതെങ്ങനെയോ അത് നേരെ തന്നെ വ്യാഖ്യാനിക്കുക അത് ഭാഷകാരന്റെ ഒരു ഗുണമാണ് ഒരു സ്ഥലം ഒഴികി ബാക്കി എല്ലായിടത്തും കണ്ടത് കണ്ടതുപോലെ തന്നെ വ്യക്തി ഒരു സ്ഥലത്ത് മാത്രം അല്പം വളച്ച് കിട്ടും അതേ സ്ഥലത്ത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പിന്നീട് വന്ന ആചാര്യന്മാരെല്ലാം ഇതിനോട് വിയോഗിച്ച് ഉപമശരിയല്ല അറിഞ്ഞുകൊണ്ടിരുന്ന ഭാഷകാരൻ പറയുന്നു ഉപമിതമാനത്വ ഇത് ഉപമിതപുമാനമാണ് ശ്രുതി അങ്ങനെയാ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നു തസ്യം ഗുണവിശിഷ്ടി ഈ ഭാഗങ്ങളെല്ലാം ബ്രഹ്മസൂത്രത്തില് ചരസിക വരുന്നതാണ് മറ്റു പല ഭാഗങ്ങളിലും ഇത് വരുന്നുണ്ട് അത് ഉപമാനത്തിന്റെ ഇതിലല്ല ഉപാസനയുടെ ഈ ശിരന്മയ പുരുഷന്റെ ഉപാസന ഹിരൺമയ പുരുഷനും പരമാത്മാവ് തന്നെ സമർത്ഥിക്കുക ഉപാധികളിലൂടെ ഇവിടെ ആ പുരുഷന് അപ്യാസം പുണ്ഡരീകമീ അക്ഷണി എന്നെല്ലാം പറയുന്നേ ഉള്ളൂ ആ ഹിരണ്മയ പുരുഷൻ തന്നെയാണ് ചാക്ഷസപുരുഷൻ എന്നിങ്ങനെ ആത്മാവിന്റെ ഏകത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മസൂത്രത്തിൽ മറ്റും ഭാഷകാരനെതിരെ അതുകൊണ്ടാണ് ഇവിടെ വ്യാഖ്യാനിച്ചത് അവിടെ ഇതിന്റെ ആവശ്യമുണ്ട് തസ്യവം ഗുണവിശിഷ്ട ഗൗണമിതാമ ഉന് അനന്തനാമങ്ങളാകാമല്ലോ അതിന്റെ സഹസ്രനാമം അതുകൊണ്ട് ഈ പുരുഷന് ഹിരണ്യഗർഭന് ഉത്ത് എന്നും നാമമുണ്ട് അതെങ്ങനെ ഗൌണമിതം ഗൗണമായൊരു നാമം കഥും ഗൌണത്വം സേഷ ദൈവ സർവേഭ്യ പാത്മഭ്യ പാത്മനാസാരേഭ്യ ഈ ദേവൻ സർവപാപങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നു സർ പാപങ്ങൾക്ക് ഉപരിയാണ് പാപങ്ങൾ മാത്രമല്ല പാപകാര്യങ്ങളിൽ നിന്നും ഭാഷകാലം പറയുന്നു അവൻ മന്ത്രത്തിൽ പറഞ്ഞ എന്താണ് തസ്യഉദ് നാമ അവന്റെ പേര് ഉദ് എന്നാണ് സഹ സേഷ അവൻ സർവേഭ്യ പത്മഭ്യ ഉദേരി അവൻ സർവപാപങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നു ഇത് ഈ ഭാഗം വച്ചുകൊണ്ട് ആണ് ഭാഷ്യകാരം പറയുന്നത് ആത്മാവ് ഭർത്താവല്ല ഭോക്താവല്ല ആത്മാവിൽ പുണ്യപാപങ്ങളില്ല എന്ന് പറയുന്നത് ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അതാണ് സർവപാപങ്ങളിൽ നിന്നും പാപകാര്യങ്ങളിൽ നിന്നും ആത്മാവ് സുഖിയും ദുഃഖിയുമല്ല പാപകാര്യമാണ് ദുഃഖം ഭയം തുടങ്ങിയ വികാരങ്ങളിലാണ് പാപകാര്യങ്ങളാണ് അതിൽ നിന്നല്ല അവൻ സ്വതന്ത്രനാണ് ഈ പുരുഷൻ സുഖ ദുഃഖാദികളിൽ നിന്ന് സ്വതന്ത്രനാണ് അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് ആത്മാവ് നിത്യമുക്തമാണ് അവന് പാപങ്ങളൊന്നും സ്പർശിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിവിടെ വ്യക്തമായി പറയുന്നവന് പാപങ്ങളല്ല അപ്പം മറ്റു ചിലർ മറ്റു കൊലദാസികനും ആരും പറയുന്ന എന്താണ് ആത്മാവ് കർത്താവാണ് ഭോക്താവാണ് കർമ്മം ചെയ്യണം കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം അതൊന്നും പ്രാമാണികമല്ല ശ്രുതി തന്നെ അതിനെല്ലാം നിഷേധിച്ചിരിക്കുന്നു ഈ പുരുഷൻ പാപരഹിതനാണ് അത് ആദിത്യ പുരുഷനെ കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല ഈ ജീവാത്മാവിനെ കുറിച്ചോ അത് തന്നെ പറയുന്നത് എന്തുകൊണ്ട് അടുത്ത അവൻ തന്നെയാണ് ചാക്ഷുഷപുരുഷൻ ചാക്ഷുഷപുരുഷൻ ഈ ശരീരത്തിന്റെ കൂടെ സ്ഥിതി ചെയ്യുന്ന പുരുഷനും പാപമുക്തനാണ് നിത്യമുക്തനാണ് അത് സമർത്ഥിക്കുന്നതി ഭാഗം കൊണ്ടാണ് സ ആത്മാഅ അപഹതപാത്മാ ഇത്യാദി പക്ഷതി അതിന് പറയും അവസാനം എട്ടാം അധ്യായത്തിൽ ഇവിടെ പറയുന്ന ഈ ആത്മാവ് അവിടെയും പറയും ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആത്മാവ് അപഹതപ്പാത്മാ ഇവിടെ പറഞ്ഞു എന്താണ് സേഷ സർവേഭ്യ പത്മഭ്യ ഉപങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നു അത് അവസാനം ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് ഇത് ഉപാസനയുടെ പ്രകരണമാണെങ്കിലും എട്ടാമധ്യായത്തിൽ അവസാനം നിർഗുണഭ്രമത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഈ ഭാഗത്തെ പരാമർശിക്കുന്നു ഉപാധിയോടുകൂടി രൂപത്തെ ഉപാസിക്കുന്നുണ്ടെങ്കിലും ഉപാധിരഹിതമായ ആ രൂപം അതാണ് വാസ്തവം പരമാർത്ഥം അത് സത്യമാണ് ഉദിത ഉത ഉദ്ഗത ഇത്യർത്ഥ ഉദിതി ഉദിതനാണ് അവൻ ഉദ്ഗതനാണോ ഉത്ത് എന്നാണ് പേരും അതോ അസോ ഉണ്ടാണ് ഉത്ത് എന്ന പേര് വന്നത് അവൻ അതിക്രമിച്ചിരിക്കുന്നു ഉദ്ഗമിച്ചിരിക്കുന്നു ഇതിനെല്ലാം ഉപരിയാണോ ലോകാതീതനാണ് തം ഏവം ഗുണസമ്പന്നം ഉന്മാന യഥോക്ത പ്രകാരേ യോ വേദ സോപ്പമേവതി ഉദ്ഗതി പദ്ധ്യ തടേവം ഗുണസമ്പന്നുടപ്പുണോട് ഗുണയൻ ഹിരണ്മശ്രു ഹിരണ് ആപ്ണഘ സുവർണ എന്നെല്ലാം പറഞ്ഞു യഥോക്തേന പ്രകാരേണ ഏവം ഗുണസമ്പന്നം ഇങ്ങനെയുള്ള ഗുണങ്ങളോടുകൂടിയ ഉത് നാമാനം ഉത് എന്നു പേരുള്ള യഥോക്തേന പ്രകാരേണ ഈ വേദ ഇവനാരാണോ ഈ രീതിയിൽ ഉപാസിക്കുന്നത് സോപി ഉപാസകനും ഏവുമേവ അതുപോലെ തന്നെ ഉദയത്തി അദ്വൈതത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഇതിന് ഇതിന്റെ വിശീകരണത്തിലൂടെ ഭാഷ്യകാരൻ സമർപ്പിച്ചിരിക്കുന്നു അതിവിടെയല്ല ബ്രഹ്മസൂത്രത്തിന് മറ്റു കൂടുതലും ഇങ്ങനെയുള്ള ഗുണസമ്പന്നനായ ഉത് നാമാനം ഉത്ത് എന്നു പേരുള്ള യഥോക്തേന പ്രകാരേണ ഈ രീതിയിൽ യോ വേദ ആരാണോ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് ഉപാസനയായിട്ടും അറിവായിട്ട് കൊടുക്കാം സോ പിരി അവനും ഇതുപോലെ എങ്ങനെയാണോ ഈ ഉപാസ്യദേവത ഇത്രയും ഉപാധികളോടുകൂടി ഇരുന്നിട്ടും ഈ ഉപാധികളിൽ നിന്നെല്ലാം വിളന്മുക്തനായിരിക്കുന്നത് നിത്യമുക്തനായിരിക്കുന്നത് ഉപാധിയോടുകൂടി ഇരിക്കുന്നവനാണ് ഉപാധിയിൽ നിന്നും സ്വതന്ത്രനായിരിക്കുന്നത് ഉപാധി ഇല്ലാത്തവനല്ല അതുപോലെ ഉപാസകനും അല്ലെങ്കിൽ ഇതിനെ അറിയുന്നവനും ഈ ജീവനും അവനീ നാനാ ഉപാധികളോടുകൂടിയിരിക്കുന്നെങ്കിലും അവനും ഈ ഉപാധികളിൽ നിന്നും മുക്തനായിത്തീരുന്നു കാരണം മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് അസംഭവമായി തോന്നുന്നു കാരണം ഈ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതിൻ്റെ എല്ലാം കെട്ടുപാടുകളിൽ നിന്നും ഒരാൾക്ക് എങ്ങനെയാണ് മോചനമുണ്ടാകുന്നത് അത് സങ്കല്പിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യമാണ് ശരീരത്തിലുള്ള അഹന്ത മമതകൾ അതില്ലാതാകുന്ന അനുഭവമേയില്ല മനസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ കാമക്രോധങ്ങൾ ഇതിൽ നിന്നെല്ലാം ഉള്ള ഒരു മുക്തി അത് സങ്കല്പാതീതമാണ് പക്ഷെ ഇവിടെ ശ്രദ്ധി ബോധിപ്പിക്കുന്നു എങ്ങനെയാണോ ഉപാസ്യദേവത ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും എന്താണ് ഉപാധികളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഉപാധികളിൽ നിന്നെല്ലാം മുക്തമായിരിക്കുന്നത് അതുപോലെ അവൻ്റെ ആ മുക്തമായ സ്വരൂപത്തെ ഉപാസിക്കുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൻ ആ സാധകൻ ആ ജീവൻ അവനും അവൻ്റെ ഉപാധികളിൽ നിന്നെല്ലാം മുക്തമാകുന്നു ഉദ്ഗതി സർവേഭ്യ പത്മഭ്യ ആ ഉപാസ്യദേവതയിൽ പാപങ്ങളില്ല എന്നുവെച്ചാൽ ജനനമരണങ്ങളില്ല പാപഫലമാണ് ജനമരണങ്ങൾ അതുതന്നെ ഇവിടെ ഉപാസകനിലും ആ ജനന മരണങ്ങൾ ഇല്ലാതാകുന്നു ഭവ നിത്യവധാരണാർത്ഥവും അവിടെ പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടത് പറഞ്ഞു പറഞ്ഞു ഇതൊരു ഭേദപ്രമാണം ആ പ്രാമാണികത്വത്തെ ഉറപ്പിക്കുകയാണ് ശ്രോതാവിന് അതിന് യാതൊരു സംശയവും വേണ്ട െങ്ങനെയാണോ അനുഭവവേദ്യമായിരിക്കുന്നത് അതുപോലെ മുക്തിയും അനുഭവവേദ്യമാണ് സ്വാനുഭവമാണ് ഋഷിയുടെ അനുഭവമാണോ അത് ഉറപ്പിച്ച് പറയും അതുകൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യും അവധാരണം എങ്ങനെയാണോ ആ ദേവൻ സർവപാപ വിളർമുക്തനായിരിക്കുന്നത് അതുപോലെ ഉപാസകനും സർവപാപങ്ങളിൽ നിന്നും മോചിക്കും അപ്പൊ മുക്തി എന്ന് പറയുന്നത് കേവലം കൽപ്പനയല്ല പ്രാമാണികമായ സത്യമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് ഈ ഭാഗത്തെയാണ് ഭാഷകാരൻ ഉപയോഗിക്കുന്നത് അധ യേശോ അന്തരാദിത്യേ ഹിരൺമയ പുരുഷോ ദൃശ്യത്തെ ഹിരണ്മശ്രു ഹികാദ് സുർണ തധാ കപ്പം പുരീകം എന്ന സേഷ സേഭ്യമ്യതിഹ വൈ പമഭ്യോം വേദ സാമ ചേഷ്ണോ തസ് ഉദ്ഗീത തസ്മ സ്വ ഉദ്ധാ സേച്ച അമുഷമാ പരാോ തോഞ്ചേ ദകാമാനം ചൈതൈവതം അഥ അധ്യാത്മം വാഗേർ പ്രാണസമേതാർ അധ്യൂം സമാർ അധ്യൂം സമ ഗീയത്തെ വാഗിവണോമ തസ്സ ചക്ഷുരേഖ ആത്മാ തരുചി അധ്യൂഢം സമാചി അധ്യൂം സയത് ചുരേവ സ ആത്മാ അത് സ मनह ോത്രമേർ മനസ്സ തരുചി അധ്യൂട്ടം സമാ രുചിദ്ധ്യൂട്ടം സമ ഗീയത്തെ സനോ അ തസ്സ അഥ എ അശ്ന ശുക്ലം ഭർ അഥലം പര കൃഷ്ണം തസ്സ തർച്ചി അധ്യൂട്ടം സമ തസ്മാ ചി അധ്യൂം സിയേ അക്ഷണുക്ലം ഭീലം പര കൃഷ്ണം തദ് തസ്സോ അന്തരക്ഷിണ പുരുഷോദൃശ്യത്തെ സേവാർ തസ്സുജു തദ്ശ് യദവ ൂപം ുഷ്യൂപം യോ അമുഷ്യോഷ്ണോ ഇവിടെ എന്തു പറഞ്ഞ ആദിത്യ പുരുഷനെ കുറിച്ച് ഇവിടെ വീണ്ടും സ്മരിക്കുകയാണ് അഥയ യേശു അന്തരക്ഷണി പുരുഷോ ദൃശ്യത ഇവിടെ സാമോപാസനയെ കുറിച്ച് പറയാ ഹിരൺമേനായ പുരുഷൻ അത് ആദിത്യ മണ്ഡലത്തിൽ ഉള്ളവനാണ് പറയുന്നു ഇവിടെ ഈ അന്തരക്ഷിണി കണ്ണൻ കാണുന്ന പുരുഷൻ അത് ആദിത്യ പുരുഷൻ തന്നെ അതാണ് ഏകത്വം ഏകത്വം പറയുന്നത് അത് ഭാഷകാരോട് പറയുന്നു സർവാത്മകത്വ സർവ്വയോനിത്വ എന്തുകൊണ്ട് പറഞ്ഞു ആ ആദിത്യനുള്ള പുരുഷൻ തന്നെയാണ് ഈ അക്ഷിയിലിരിക്കുന്ന പുരുഷനെന്ന് എന്തുകൊണ്ട് ആ പരമാത്മാവ് സർവാത്മകനാണ് സർവകാരണനുമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തസ്യേത്യ ചാക്ഷുഷസ്യ പുരുഷ തദേവരൂപം അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് തസ്യേത്യ തദേവരൂപം ഏകത്വത്തെ പറയുന്നു ഈ കണ്ണിൽ ഇരിക്കുന്ന ആ പുരുഷൻ എന്ന് പറയുന്ന ജീവനുദ്ദേശിച്ചാണ് ഈ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കണ്ണ് അപ്പോൾ ആ കണ്ണിലിരിക്കുന്ന പുരുഷൻ കണ്ണാണ് ജ്ഞാനത്തിന്റെ മുഖ്യമായ ഉപായം ഈ കണ്ണിലൂടെയാണ് ആ ചൈതന്യം പ്രവർത്തിക്കുന്നത് വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ട് രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ചിട്ടാണ് മനസ്സു പോലും പ്രവർത്തിക്കുന്നത് കണ്ണിന് പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടത് ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ ചൈതന്യത്തിന്റെ ഈ ശരീരത്തിലെ മുഖ്യമായ സ്ഥാനം കണ്ണാണ് പറയുന്നു തസ്യ ഏതസ്യ തദൈവ രൂപം ഏതമുഷ്യരൂപം ഇവിടെ ഈ കണ്ണിലിരിക്കുന്ന പുരുഷന്റെ രൂപമുണ്ടല്ലോ അതുതന്നെയാണ് ആ ആദിത്യപുരുഷന്റെയും രൂപം എന്നും പറഞ്ഞു അപ്പൊ ഇതിൽ കൂടുതൽ ജീവാത്മാ പരമാത്മ ഏകത്വത്തെക്കുറിച്ച് പറയാൻ വേറെ വാക്കില്ല ഇവിടെ പറയുന്നത് അധ്യാത്മമായി പറയുന്നു അവിടെ പറഞ്ഞത് അതിദൈവതമായി പറയുന്നു കിം തദ് അമുഷ്യ ആദിത്യ പുരുഷസ് ഹിരൺമയ ഇത്യാദി തത് പറയുന്നു അവിടെ പറഞ്ഞല്ലോ ഹിരൺമയനായ കൃഷ്ണൻ എന്നൊന്നും പറഞ്ഞു അത് അതിദൈവതരൂപം എന്ന് വെച്ചാൽ ദൈവത ഉപാധിയെ ആശ്രയിച്ചുള്ള രൂപമാണ് അതിദൈവം ഇവിടെ പറയുന്ന എന്താണ് ഇത് അദ്ധ്യാത്മ ജീവ ഉപാധിയെ ആശ്രയിച്ചുള്ളത് എന്നിട്ട് പറയുന്നത് രണ്ടും ഒന്നാണ് ഭേദമില്ല അതിന് മറ്റ് വിശേഷങ്ങളും അതിനോട് യോജിപ്പിക്കുന്നു അവിടെയുള്ള എന്തൊക്കെയുണ്ടോ അതിവിടെയുണ്ട് ഇവിടെയുള്ള എന്തൊക്കെയാ അവിടെയുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് മറ്റ് രൂപങ്ങളെ ഇവിടെ യോജിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ഭാഗവും ഭാഷകാരും പലയിടത്തും ആവർത്തിച്ചു പറയും സേ ഷേ അസ്മാദ് അർബാഞ്ചോ ते ेष्ठे मनुष्य काम से इमे तस्में वीणाया गाय ായന്തി യസ്മാരംതിക്കുന്നവരെല്ലാം ഈ ഈശ്വരനെ തന്നെയാണ് സ്തുതിക്കുന്നത് അതാണ് അതിനാണുള്ള ഉദാഹരണം പറയുന്നത് വീണായം ഗായന്തി വീണയിൽ ഗാനം ചെയ്യുന്നവർ അവരറിഞ്ഞോ അറിയാതെയോ ഗാനരൂപത്തെ സ്തുതിക്കുന്നത് ഗാനം എന്ന് പറയുന്നത് സാധാരണ വർണ്ണിക്കാനും സ്തുതിക്കാനുമാണ് ഉപയോഗിക്കുന്നത് ഗാനങ്ങളെല്ലാം എന്തിനേക്കും ഇവിടെ പറയുന്നു എല്ലാ ഗാനങ്ങളും വർണ്ണിക്കുകയും സ്തുതിക്കുകയും ചെയ്തത് ആത്യന്തികമായി ഏതമേവ ഈ പരമാത്മാവിനെ തന്നെ ആണ് വണ്ണിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആ വണ്ണനീ സ്ഥിതിയും കൊണ്ട് അവർക്ക് ലാഭമുണ്ടാകുന്നു ധനലാഭയുക്ത ധനവന്ധ അവർക്ക് ധനമുണ്ടാകുന്നു ജ്ഞാനധനമോ വിദ്യാധനമോ അല്ലെങ്കിൽ ഭൗതികമായ ധനമോ എന്തുവാകാം എന്തെങ്കിലും ധനമുള്ളവരായിത്തീരുന്നു എന്തുകൊണ്ടവർ ഈശ്വരനെ സ്തുതിക്കുന്നു അതുകൊണ്ട് ഇവിടെ ആദിത്യമണ്ഡലത്തിൽ കാണുന്ന പുരുഷൻ പരമപുരുഷന വിദ്വാൻ സമഗായതി ഉഭൗ സഗായതി സോ അമുനേ സമുഷമാൻ പരാഞ്ചോലോകോതി യേ ചേസ്മാർശോലോകശാനോതി മനുഷ്യകാമാം തേക്കാമ आगायानी, तेशा, या एवं मिद्वान आगायानीषा के उगी कुशला बभू श शिलक ശലാവാർവാഹനോ ജൈബലിരിഹ ഊചുഗീഥേ വൈ കുശല സ്ന്ദ ഉദ്ഗീ കവിശു സഹണോ ജൈബലീ ഉച്ച അഗ്രേവതത്തണയോയോത ശ്രോഷ്യമീതി സഹിക് ശലാവം ദാർഢ്യം ഉച്ചച ൃതി പൃച്ഛരിഹോവാചാതിരി സ്വരയിൽവാച സ്വരദരി പ്രാണയിതി കാഗതിരി അന്നിതിഹോവാച അന്നാഗതിരി ആപൈതിഹോവാച അപം കാഗതിരി അസൗ ലോകയിതിഹോവാച അമുഷ്യലോകാഗതിരി സ്വർഗം ലോകം അതിനയേദിതിഹോവാച സ്വർഗം വയം ലോകം സി സംസ്ഥയാമ സ്വർഗസം दी, तम्हा, सिलकह सा में तम शिलकतायनम दाभ्यम उवाचाषित मई किल दभ्य सास्ेतर््रूया मूर्धतिष्यती മൂർ വിപത്തെതി ഹാഹം എത്തോ വേദനീതി വിദ്ധിതിമുഷ്യലോകരി അയം ലോക അസോകരി തിഷം ലോകം അതിനേദിതി പ്രതിഷാ വയം ലോകം സാധയാമ പ്രതിഷ്ഠ സംസ്ഥംഹി സമേതി തംഹ പ്രവാഹണോ ജൈവലർ वाचा, किलते, शालावत्या, सामा, ഉച്ച അന്തല തേ ശാലവ സേതർ ബ്രൂയാൂർ തീതി മൂർധാ തേ വിപത്തെതി भगवदो, ഏതോ വേദനീതി विदिहवाच अति आकाशलवाच सर्वाण्यवाइमानी भूता आकाशाद समुत्प्य आकाशम प्रति हस्तया ശണം സ എ പരോവരീയാദ സനന്ദ പരോവരീയോ ഹ്യോവരീയസോ ഹലോകാൻതിയദ വിൻ പരോവരീയാസം उदीधम उपास्थम अतिधन्वा सौनक उदरसांडिल्वा उवाच ये यगीधम वेदिष्य परोवरीभ्य अस्लोक जीवनं भविष्य तथा अमुस्मोकोकद विद्वास्थे पर जीवनं जीवन तथा अमुस्मोके लोके लोक मटसी सु कुषु आडिक सह जायया उशस्तर्क्राण्यमी प्रद्राणक उसे सह एभ्य ഉൽമാഷൻ ഖാദന്തം വിഭക്ഷേ സംഭോവാചോ അന്യേ വിദ്യന്ച്ഛേമാ ഉപഹിത എധീതി ഹോവാച തന്നദ ഹനുപനമതി मे ഉിഷ്ടം വൈ മേ പീതം സാതിചി ഉച്ചിഷ്ടം ഈ ഭാഗം പറയുന്നത് ഉഷസ്തി ഇതൊരു കഥ പോലെ പറയുകയാണ് ടൊപ്പം ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ നാടുകെട്ട് പോയി എന്നാണ് എന്നിട്ട് ഇബ്യക് ഗ്രാമം ഇബ്യക് ഗ്രാമത്തിന് ഭാഷകാരം പറയുന്നത് ആനക്കാറുള്ള ഗ്രാമം അവിടെ പോയി ഒരു ആനക്കാരനോട് യാജിച്ച് ഭിക്ഷയു പോയി അവിടെ ചെന്നപ്പോൾ കാണുന്ന എന്താണ് പഴകിയ കേടായ ഉഴുന്ന് കക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമില്ല കഴിക്കാനൊന്നുമില്ല വളരെ ദാരിദ്ര്യം കൊണ്ടാണ് ഇവർ രണ്ടുപേരും പോയത് പ്രശസ്തി വലിയ കൃഷിയാണ് ഉദ്ദാനും മറ്റും അറിയാവുന്ന ഇരത്തിക്കാണ് പക്ഷെ ദാരിദ്ര്യം കൊണ്ട് നാട് വിട്ട് അവിടെ പോയി ഇഭ്യനോട് യാചിച്ചു ഇമ്പറഞ്ഞു ഞാൻ കഴിക്കുന്ന സാധനം എന്റെ കയ്യിലുള്ളൂ കൂടുതലൊന്നും തരാനില്ല പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് കിട്ടിയാലും മതി ഉച്ചിഷ്ടമാണ് സാരമില്ല ആപദ്ധരമായിട്ട് ഉച്ചിഷ്ടവും ഭക്ഷിക്കാം ഉടനെ അത് വാങ്ങി കഴിച്ചു ജലം കൊടുത്തു വാങ്ങി എന്തായാലും ഉച്ചിഷ്ടമായ ജലം ഞാൻ ഭക്ഷിക്കുന്നില്ല കാരണം ജലം ഇവിടെ ധാരാളമുണ്ട് എന്ന് പറഞ്ഞു ജലം വേറെ കഴിച്ചു പിറ്റേ ദിവസം പോയി ഇനി എവിടെയാ ഭക്ഷണം കിട്ടുന്നത് അപ്പോൾ അവിടെ അറിഞ്ഞൊരു രാജാവ് യജ്ഞം ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ പോയി അവിടെ കൃത്ക്കുകൾ യജ്ഞം ചെയ്യുകയാണ് പക്ഷെ അവർ ഉദ്ദാനം ചെയ്യുമ്പോൾ ഉപാസന കൂടാതെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഉടനെ പ്രശസ്തി പറഞ്ഞു ഇത് ശരിയല്ല ഉപാസന കൂടാതെ ചെയ്താൽ ദോഷമാണ് അവിടെ ഭാഷകാലൻ സമ്മർദ്ദിക്കുന്നുണ്ട് കർമ്മങ്ങൾ ഉപാസനയോട് കൂടിയും ചെയ്യാം ഉപാസന കൂടാതെ ചെയ്യാം അതിനുവേണ്ടിയിട്ടാണ് ഈ ഭാഗത്തെ ഭാഷകാരൻ പരിസരത്ത് ഉദ്ധരിക്കുന്നത് പിന്നെന്താ വ്യത്യാസം ഫലത്തിൽ വരുന്ന വ്യത്യാസം ഉപാസനയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഫലം കൂടും അല്ലെങ്കിൽ അത്രയും ഫലം ഉണ്ടാകത്തില്ല ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇതെന്നും മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാനമായും ഉള്ള ഒരു വിഷയം ഇതിന് വൈദികമായ ഉപാസനകൾ പോലും അന്നത്തിന് വേണ്ടിയിട്ടാണ് അന്നത്തെ മുഖ്യമായ ചർച്ചാ വിഷയം അന്നമായിരുന്നു അന്ന അന്നം ലഭിക്കുന്നതിന് വലിയ പ്രയാസമുള്ള സമയമായിരുന്നു എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള അന്നവാൻ ഭൗതി അന്നാദഭോതി പല ഭാഗത്തും ഇന്നത്തെ പോലെ ആയിരുന്നു അന്ന് അന്നത്തിന് വളരെ ദാരിദ്ര്യമുള്ള ഭൂമിയും എല്ലാം മനുഷ്യർ കുറവായിരുന്നു ഭൂമി ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ അന്നമുണ്ടായിരുന്നു അന്നത്തിനുവേണ്ടി ഉപാസന അന്നത്തിനുവേണ്ടി അലഞ്ഞു നടക്കുക അന്നത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക അന്നത്തെ ഇതെല്ലാം വേദത്തിൽ ധാരാളം ഉണ്ട് അതുകൊണ്ട് വൈദിക കാലം കഴിഞ്ഞാൽ ഇങ്ങനൊരു ദോഷം കൂടി വരും ദാരിദ്ര്യവും വരും എന്തുകൂടി ഊഹിക്കേണ്ടിയിരിക്കുന്നു O, the sound of the sound of the sound. O, the sound of the sound. Amen.